ആ യുവാക്കൾ ഗുഹയിലേക്ക് അഭയം തേടിയപ്പോൾ അവർ ഇപ്രകാരം പ്രാർത്ഥിച്ചു ഞങ്ങളുടെ രക്ഷിതാവേ നിന്റെ പക്കൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യം നൽകേണമേ ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് നേർവഴി ഒരുക്കിത്തരേണമേ